അള്ളാഹുസുബാനഹുവ ചായല അവതരിപ്പിച്ചതിലേക്കും ദൂതന്റെ അടുത്തേക്കും വരുവിനെന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കളെ കണ്ടെത്തിയ രീതി ഞങ്ങൾക്ക് മതിയെന്നവർ പറയും അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും നേർവഴി ലഭിക്കാത്തവരുമായിരുന്നിട്ടും അവർ അങ്ങനെ പറയുന്നു